ധ്യായം പതിനഞ്ച് യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഏതോമിന്റെ അതിരായ സ്വീൻ മരുഭൂമി വരെ തന്നെ അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിന്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാതേശ്വർണയുടെ തെക്കുകൂടി കയറി ഹെസ്രോൻ കടന്ന് ആദാരിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിശ്രയും തോടുവരെ ചെല്ലുന്നു ആ അതിർ സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ വടക്കേ അതിർത്തി യോർദാന്റെ അളിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത്ത് ഹോഗ്ലയിലേക്ക് കയറി ബേത്ത് അരാബയുടെ വടക്കുകൂടി കടന്ന് രൂപന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി പിന്നെ ആ അതിർ ആഘോർ താഴ്വര മുതൽ ദബീരിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്കുവശത്തുള്ള അദൂമ്മീങ് കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് ഏൻ ശമേഷ് വെള്ളത്തിങ്കലേക്ക് കടന്ന് ഏൻ റോഗേലിങ്കൽ അവസാനിക്കുന്നു പിന്നെ ആ അതിർ ബൻഹിന്നോം താഴ്വരയിൽ കൂടി കയറി യെരുഷലേം എന്ന യബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രഫായിം താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടും ഉള്ള മലയുടെ മുകളിലേക്ക് കയറിച്ചൊല്ലുന്നു പിന്നെ ആ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹയിലെ നീരുറവിലേക്ക് തിരിഞ്ഞ് യഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിരിയത്ത് എയാരീം എന്ന ബാലയിലേക്ക് തിരിയുന്നു പിന്നെ ആ അതിർ മുതൽ പടിഞ്ഞാറോട്ട് സേയിർ മല വരെ കെസാലോൻ എന്ന യീം മലയുടെ പാർശ്വം വരെ കടന്നു ബെസ് ചെമേസിലേക്ക് ഇറങ്ങി തിംനയിലേക്ക് ചെല്ലുന്നു പിന്നെ ആ അതിർ യക്രോന്റെ പാർശ്വം വരെ ചെന്ന് ഷിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ ഇത് യഹൂദ കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിർ യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യഹൂന്നയുടെ മകനായ കാലിബിന് യഹൂദ ഇടയിൽ ഓഹരിയായിട്ട് അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി അഹിമാൻ തൽമായി എന്നീ മൂന്ന് അനാക്കിയരെ നീക്കിക്കളഞ്ഞു അവിടെ നിന്ന് അവൻ ദബീർ നിവാസികളുടെ നേരെ ചെന്നു ദബീറിന്റെ പേർ മുമ്പെ കിരിയത് സേഫർ എന്നായിരുന്നു കിരിയത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു എനിക്ക് ഒരു അനുഗ്രഹം തരേണം നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത് നീരുറവുകളും കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു അവനവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു യഹൂദ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ ഏതോമിന്റെ അതിർക്കരിയെ തെക്കേ അറ്റത്ത് യഹൂദഗോത്രത്തിനുള്ള പട്ടണങ്ങൾ കെപ്സേൽ ഏദർ യാഗൂർ കീന ദിമോന അദാദ കേദശ് ഹാസോർ ഇത്ന സീഫ് പെലേം ബയാലോത് ഹാസോർ ഹദത്ത കെരിയോത്ത് ഹസോർ എന്ന കെരിയോത് ഹെസ്റോൻ അമാം ശമ മൊലാദ ഹസർഗദ്ദ ഹെഷ്മോൻ ബെത് പേലത്ത് ഹസർ ഷുവാൽ ബെർഷെബിസോത്യ ബാല ഇയിൽ യേസം എൽ തോലത്ത് കെസീൽ കോർമ സിക്ലാഗ് മദ്മന്ന സൻസന്ന ലബായോത്ത ഷിൽഹീം ആയിൻ റിമ്മോൻ ഇങ്ങനെ ആകെ ഇരുപത്തൊമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ താഴ്വീതിയിൽ എസ്തായോൽ സോര അശ്ന സനോഹ യേൻഗന്നീം തപ്പൂഹ യേനാം യർമോത് അതുല്ലാം സോഖോ അസേഖ ഷാരയും അദീഥയും ഗതേര ഗതേരോഥയും ഇങ്ങനെ പതിനാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും സെനാൻ ഹദാശ മിത്നൽഗാദ് ൊക്തയൽ ലാഖീസ് ബൊസ്കത്ത് എഗ്ലോൻ കബോൻ ലമാസ് കിത്ലീസ് ഗതേരോത് ബേത്ത് ദാഗോൻ നാമ മക്കേദ ഇങ്ങനെ പതിനാറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ലിബ്ന ഏഥർ ആശാൻ ഇത്ത അശ്ന അക്ലീബ് മാരേഗ ഇങ്ങനെ ഒമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും യക്രോനും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും യക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവ ഒക്കെയും അവയുടെ ഗ്രാമങ്ങളും അസ്തോദും അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും ഗസയും മിശ്രയും തോടുവരെയുള്ള അതിന്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും മഹാസമുദ്രം അതിന് നെടുകെ അതിരായിരുന്നു മലനാട്ടിൽ ഷാമീർ യഥീർ സോഖോ ദന്ന ബീർ എന്ന കിരിയത്സന്ന അനാബ് എസ്തേമോ അനീം ഗോശൻ കോലോൻ ഗീലോ ഇങ്ങനെ പതിനൊന്ന് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അരാബ് ദൂമ യശാൻ യാാനീം ബെത്തപുഹ അഫേക്ക ഹുംത ഹെബ്രോൻ എന്ന കിരിയത്തർബ സിയോൾ ഇങ്ങനെ ഒമ്പത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കർമേൽ സീഫ് യൂത ഇസ്രയേൽ യോക്ദയ സനോഹ കയ്യീൻ ഗിബെയ തിംന ഇങ്ങനെ പത്തു പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ൽഹൂൽ ബെത്സുർ ഗദോർ മാരാബ് ബെത്ത് അനോദ് എൽ തെക്കോൻ ഇങ്ങനെ ആറു പട്ടണവും അവയുടെ ഗ്രാമങ്ങളും കിരിയത് എയാരീം എന്ന കിരിയത് ബാൽ രബ ഇങ്ങനെ രണ്ടു പട്ടണവും അവയുടെ ഗ്രാമങ്ങളും മരുഭൂമിയിൽ ബെത്തരാബ മിദ്ദീൻ സെഖാഖ നിബ്ഷാൻ ഇർഹമേലഹ് എൻ ഗദീം ഇങ്ങനെ ആർ പട്ടണവും അവയുടെ ഗ്രാമങ്ങളും യരുശലേമിൽ പാർത്തിരുന്ന യബൂസിരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല അങ്ങനെ യബൂസിർ ഇന്നുവരെ യഹൂദ മക്കളോടു കൂടെ യെരുശലെമിൽ പാർത്തുവരുന്നു